അവരുടെ പ്രവാചകൻ അവരോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ രാജത്വത്തിന്റെ അടയാളം നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സമാധാനവും മൂസ അലഹിസ്ലാമിന്റെ കുടുംബവും ഹാറൂൺ അലഹിസ്ലാമിന്റെ കുടുംബവും അവശേഷിപ്പിച്ചതിൻറെ ബാക്കിയുമടങ്ങിയ പെട്ടിമലക്കുകൾ വഹിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കകൾ വരിക എന്നതാണ് നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ തീർച്ചയായും അതിൽ നിങ്ങൾക്ക് ഒരടയാളമുണ്ട്